ഗുരുവനം വരെ സ്മരിച്ചുകൊണ്ട് കഠോവംശത്ത് ഇരുപതാമത്തെ മണ്ഡലമാണ് ചർച്ച ചെയ്യുന്നത് എത്തിച്ചായിരുന്നു ആത്മതത്വത്തെ കുറിച്ച് ചോദിക്കുന്ന ഭാഗമാണ് അദ്വീത സമ്പ്രദായം അനുസരിച്ച് ഗുരുവശത്തി ഗുരു പ്രാപ്തി എന്ന് പറയുന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗുരുവിന് ഒരു ശിഷ്യനൊരു ജിജ്ഞാസ് ആത്മജിജ്ഞാസ് ഗുരുവിനെ ഇതിനു വേണ്ടിയായിരിക്കണം സമീപിക്കേണ്ടത് അത് ആത്മവിദ്യ വേണ്ടി മാത്രമായിരിക്കണം ആത്മമോക്ഷത്തിന് വേണ്ടി ആത്മവിദ്യ അതാണ് ഒരു ഗുണങ്ങളോട് ആവശ്യപ്പെടേണ്ടത് അതാണ് ഇവിടെ നഗീയസ് പറയുന്നത് അനുശിഷ്ടം ർഥം സംശയം എന്താണ് പ്രേത മനുഷ്യ പ്രേതെന്ന് വെച്ചാൽ മൃതദേ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മനുഷ്യൻ മരിച്ചാൽ മനുഷ്യ മരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് പ്രേത മരിച്ച മരിക്കുന്ന മനുഷ്യനെ കുറിച്ച് മനുഷ്യ അത് പ്രേതേ മനുഷ്യരെ സപ്തമിന്റെ പറ സപ്തമിന്റെ സപ്തമിക്ക് പല അർത്ഥം വരും പലതരത്തിലുള്ള സപ്തമി പ്രത്യേകങ്ങളുണ്ട് ഇതിനെ വിഷയ സപ്തമി എന്ന് പറയും വൃത്ത മനുഷ്യ മരിച്ച മനുഷ്യനെ സംബന്ധിച്ച് എന്നർത്ഥം പറയുന്നതാണ് മരിച്ച മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മരിച്ച മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എന്നുള്ള അർത്ഥം വരും അസ്ഥി അടുത്ത് അസ്ഥി ശരീരേന്ദ്രിയ മനോബി വ്യതിരിക്തവും അങ്ങനെ ഒരുപക്ഷം അസ്ഥി ത്യേക അനു വ്യാഖ്യാനിക്കണം അസ്ഥി എന്നാണ് ശരീര മനോബുദ്ധി വ്യതിരിക്ത ശരീര മനോബുദ്ധികളിൽ നിന്ന് ഭിന്നനായ വ്യതിരിക്തം ഭിന്നായ സംബന്ധി മരണശേഷം മറ്റൊരു ദേഹത്തോട് ബന്ധപ്പെടുന്നതായ ആത്മാത്മാവ് അസ്ഥി ഉണ്ടു എന്ന് ചിലര് കരുതുന്നു മരണശേഷം മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്ന ഒരാത്മാവ് ഉള്ളതായി ചിലർ കരുതുന്നു ശരീരഭിന്നമായ ആത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് അസ്ഥിഗിരി ഇല്ല എന്ന് മറ്റു ചിലർ ഏവം വിധോ അസ്ഥിഗിരി ഏവം വിധു ഇപ്രകാരത്തിലുള്ള അയം ആത്മാ അസ്ഥി ഇല്ല എന്നാണ് ചില പറയുന്നത് നാസ്തികരണ പൊതുവെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളാണ് ശരീര ഇന്ദ്രിയ വ്യതിരികമായിട്ട് മനസ്സിനും ബുദ്ധിക്കുമെല്ലാം നാം നേരിട്ട് ആത്മാവെന്ന് പറയുന്ന ഒരു അത് മരണശേഷം മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു കാസ്തിക അവരുടെ ഭക്ഷണം ആദ്യം പറഞ്ഞ് രണ്ടാമത് പറയുന്നു നാസ്തി ചാർവാകരന്മാർ ാലും അവർ പറയുന്ന എന്താണ് ഇല്ല അങ്ങനെ ഒരു ആത്മാവില്ല ശരീരം ശരീരം എന്ന് പറയുന്ന ഒരു സംഘാതമാണ് നാല് ഭൂതങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ളതാണ് ആ ഭൂതങ്ങളുടെ സംഘാതത്തിൽ നിന്നും ഈ ശരീരത്തിനുണ്ടാകുന്ന ഒരു രൂപാന്തരമാണ് ഒരു പരിണാമമാണ് ആത്മാവ് അല്ലെങ്കിൽ ജീവൻ ഒരു ശരീര സംഘാതത്തിൽ നിന്നുണ്ടാകുന്നു ശരീര സംഘാതത്തിന് വിഘാതം സംഭവിക്കുമ്പോൾ നാശം സംഭവിക്കുമ്പോൾ ആത്മാവ് നശിക്കുന്നു എന്ന് വരുന്നവരാണ് നാസ്തികന്മാരെന്നുള്ളത് ആത്മാവിന്റെ അസ്തിത്വത്തെ ശരീരത്തിൽ നിന്ന് വേറിട്ട സ്വതന്ത്രമായി ശരീരനാശത്തിന് ശേഷം അംഗീകരിക്കുന്നുണ്ട് നാസ്തികന്മാർ പല പ്രധാനങ്ങൾ ചാർവാകന്മാരാണ് ചാർവാകന്മാരെ തന്നെ പല വിഭാഗക്കാരുണ്ട് അങ്ങനെയുള്ള ചാർവാകന്മാർ അവരെന്താണ് പറയുന്നത് അങ്ങനെ ഇല്ല എന്ന് മരണം മരിച്ച മനുഷ്യന്റെ ആത്മാവശേഷിക്കുന്നുണ്ടോ എന്ന് മരികേസ് ചോദിക്കുന്നത് ഇവിടെ യമലോകത്ത് നിന്നാണ് യമലോകത്ത് മജികേസ് എത്തിച്ചേർന്നത് മരിച്ചതിന് ശേഷം അല്ല എന്നുള്ളത് നിന്ന് വെക്കാം മരിച്ചിട്ടാണ് അവിടെ എത്തിച്ചേർന്നെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല മരിച്ചു ഞാൻ ഇവിടെ എത്തിയിരിക്കും ഇപ്പൊ ഉണ്ടല്ലോ അതിന് ചോദിക്കേണ്ട കാര്യമില്ല ഇതിന് നമുക്ക് മനസ്സിലാകാം മജികേസ് യമലോകത്ത് എത്തിച്ചേർന്നത് മരിക്കാതെയാണ് അതുകൊണ്ടാണ് മരിച്ചതിന് ശേഷം വീണ്ടും മരണത്തെക്കുറിച്ചുള്ള സംശയം വിശേഷിക്കുന്നു മരിച്ചതിന് ശേഷം പിന്നെ ആത്മാവ് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് അത്രാസ്മാവൻ പ്രത്യക്ഷനുമാനീന നിർണയ വിജ്ഞാനം നമ്മൾക്ക് അത്ര ഈ വിഷയത്തിൽ പ്രത്യക്ഷയാണ് അപ്രത്യക്ഷമായിട്ട് നിർണയ വിജ്ഞാനം നിശ്ചയമായ ജ്ഞാനം ഉണ്ടാകുന്നില്ല നിശ്ചയമായൊരു അറിവ് ഇതിനെ സംബന്ധിച്ച് ൂടി ഊഹത്തിലൂടെ ഇങ്ങനെ ഒരു അറിവുണ്ടാകുന്നില്ല പ്രബലങ്ങളായ മൂന്ന് പ്രമാണങ്ങളാണ് പ്രത്യക്ഷം അനുമാനം ശ്രുതി ആഗമം അതിനാഗമത്തെ നമ്മൾ വിട്ടു കാരണം ശ്രുതിയാണ് ഇനി വെളിപ്പെടുത്താൻ പോകുന്നത് അതിനെ വിട്ടിട്ട് ചോദിക്കുക അതിനൊന്നുമ്പോൾ രണ്ട് പ്രമാണങ്ങൾ പ്രത്യക്ഷവും അനുമാനവും ഈ രണ്ട് പ്രമാണത്തിലൂടെയും നമുക്ക് ആത്മാവിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല മരണശേഷമാണ് ആത്മാവിന്റെ അസ്തിന് അധീനമാണോ നിശ്ചയ വിജ്ഞാനത്തിന് അധീനമാണ് പരമപുരുഷാർത്ഥം പരമപുരുഷാർത്ഥമെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ അസ്തിത്വം ഇതെക്കുറിച്ച് അറിഞ്ഞാലേ അതുണ്ടാവത്തോ പരമപുരുഷാർത്ഥം എന്ന് പറയുന്ന മോക്ഷം ആത്മാവ് എന്നൊന്നുണ്ടെങ്കിൽ മാത്രമേ മോക്ഷം എന്ന് പറയുന്ന സങ്കല്പത്തിന് അർത്ഥമാണ് ആത്മാവില്ല എങ്കിൽ ശരീരനാശത്തോടു കൂടിയെല്ലാം അവസാനിക്കുന്നു മനുഷ്യന് മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ മോചിക്കാനായിട്ടൊന്നും ശേഷിക്കുന്നില്ല ശരീരനാശത്തോടുകൂടി സർവവസാനിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഏതൊക്കെ വിജ്ഞാനമാക്കിയില്ല ഈ വിജ്ഞാനം ആത്മാവിന്റെ യഥാർത്ഥനാണ് അതിനധീനമാണ് മോക്ഷം അതുകൊണ്ട് ഏതത് വിദ്യ വിജാനീയാം ഈ വിദ്യ എനിക്കൊന്ന് മനസ്സിലാക്കണം ആത്മാവിനെക്കുറിച്ചുള്ള വിദ്യ എന്നാണ് അഹം അനുശിഷ്ട ജ്ഞാപിത ത്വ ത്വയാ ജ്ഞാപിത നിന്നാൽ ഉപദേശിക്കപ്പെട്ടവനാണ് ഞാൻ ഈ വിദ്യ ഒന്ന് മനസ്സിലാക്കണം ത്വയാ ജ്ഞാപിതം വരാണം യേഷ വരതൃതീയ ഇതാണ് ശേഷിക്കുന്ന വരം അവസാനത്തെ വരം അപ്പൊ ഒരു ഗുരുവിന്റെ സമീപത്തിലെന്ന ഒരു ജിജ്ഞാസ എന്താണ് ആവശ്യപ്പെടേണ്ടത് അത് പ്രധാനമായി പരവുമായി ആവശ്യപ്പെടേണ്ടത് മോക്ഷമാണ് സൂചിപ്പിക്കുക അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതാണ് പ്രധാനമായിട്ട് ആവശ്യപ്പെടേണ്ടത് മോക്ഷത്തിനുള്ള ഉപായം അതാണ് ഇവിടെ നല്ല ആവശ്യപ്പെട്ടത് നിശ്രേയസാധന ആത്മജ്ഞാനാർഹോ നരീക്ഷണാർത്ഥം ആഹാ ഇവൻ ഏകാന്തമായി അത്യന്തമായി നിശ്രേയസാധന നിശ്രേയസ മോക്ഷം അതിന് സാധനമായിരിക്കുന്ന ആത്മജ്ഞാനാർഹം ആത്മജ്ഞാനത്തിന് അവൻ അർഹനാണോ അല്ലയോ ഇത്യേത് പരീക്ഷണാർത്ഥം ഇക്കാര്യം പരീക്ഷിക്കുന്നതിന് വേണ്ടി ആഹാ യമദേവൻ പറയുന്നു യമദേവൻ ഇനി മനസ്സിലാക്കേണ്ടത് ശിഷ്യന്റെ യോഗ്യതരാണ് ശിഷ്യൻ ഇതിന് ശരിക ആഗ്രഹവും യോഗ്യതയും അകൽസുണ്ടായിരിക്കും കാരണം മോക്ഷം ജ്ഞാനം ഇത്തരം വിഷയങ്ങളെ സാമാന്യമായ ഞാൻ അതുണ്ടാകുന്ന ആർക്കും ഇതിനൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും മോക്ഷത്തിനുള്ള ആഗ്രഹം ഉണ്ടാവും ജ്ഞാനപ്രാപ്തിക്കുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിന് തടസ്സമായിരിക്കുന്ന എന്തായിരിക്കും തന്റെ യോഗ്യതയായിരിക്കും ആ യോഗ്യത ഉണ്ടോ എന്നാണ് ഇവിടെ പരീക്ഷിക്കുന്നത് അപ്പൊ ഗുരു ഒരു ശിഷ്യനെ സമീപത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ശിഷ്യന്റെ യോഗ്യതയെ പരീക്ഷിക്കുകയാണ് അനയോഗ്യനാണ് അത് തന്നെയാണ് ഇവിടെ ഈ യമദേവനും ചെയ്യുന്നത് സാധാരണ നമ്മുടെ മനസ്സിന് സംശയം വരും ഗുരു സർവജ്ഞനാണ് സർവജ്ഞനാകുമ്പോ ശിഷ്യൻ അടുത്ത് വന്നു ശിഷ്യനെ കാണുമ്പോ പ്രത്യേകിച്ച് പരീക്ഷണമൊന്നും ആവശ്യമില്ല അല്ലാതെ അങ്ങ് മനസ്സിലാക്കാമല്ലോ ഇയാൾ യോഗ്യതയുമ്പോ ഇല്ലായിരുന്നു ഇല്ലാടെന്തിനാ പരീക്ഷിക്കുന്നു പരീക്ഷയൊക്കെ സാധാരണക്കാർക്കാണല്ലോ എന്ന് സംശയം വരാം ഇങ്ങനെ പരീക്ഷണം ഇതിനൊക്കെ ഒരു ഭാവി എല്ലാം അറിയുന്ന ആളല്ലേ ശിഷ്യൻ വരുന്ന ശിഷ്യനെ മനസ്സിലാക്കണം ശിഷ്യന്റെ ഒരു പ്രാപ്തിയും ഒരു ശിഷ്യനെ മനസ്സിലാക്കുന്നതിന് കാല കുളമ്പമില്ല അങ്ങനെ ഒരു പരീക്ഷണം പ്രത്യേകിച്ച് എന്തിനാണ് സാധാരണ മനുഷ്യന് വേണ്ടതല്ലേന്ന് സംശയം വരാം പക്ഷെ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു ഗുരുവല്ല പരീക്ഷിക്കുന്നതെങ്കിൽ പരീക്ഷിച്ചാലും പ്രയോജനമില്ല മനസ്സിലാക്കാൻ കഴിയത്തില്ല അപ്പൊ ഒരു ഗുരുവാണെങ്കിൽ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളു ഗുരുവല്ല എങ്കിൽ തന്നെ പരീക്ഷിച്ചിട്ടും പ്രയോജനമില്ല അതും ആത്മവിദ്യയുടെ ഗുരു ശിഷ്യ സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഗുരുവിനെ സമീപിക്കുക അങ്ങനെ പിന്നെ വരും കടല് ചോദിക്കാം ഗുരു യോഗ്യനാണെങ്കിൽ ശിഷ്യൻ യോഗ്യനാണെങ്കിൽ വീട്ടിലിരുന്നാൽ ഗുരുവിന്റെ സമീപത്ത് തരുന്നുണ്ടോ ഗുരു ആശ്രമത്തിൽ ഇരുന്നുണ്ട് മനസ്സിലാക്കും ഇതിൻ്റെ അടുത്ത് ഒരു ശിഷ്യനുണ്ട് ശരി ഉപദേശിച്ചു ഞാനുണ്ടാക്കി അങ്ങനെ ഒരു ചോദിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഗുരുവി ശിഷ്യനും രണ്ടും ഇല്ലാതെ ആത്മവിദ്യ സമ്പ്രദായം അതിന്റെ ഭാഗമാണത് ശിഷ്യൻ ഗുരുവിന്റെ സമീപത്ത് എത്തിച്ചേരുക അല്ലെങ്കിൽ ഗുരു ശിഷ്യന്റെ സമീപത്ത് എത്തിച്ചേരുക അവിടെ ഗുരു ശിഷ്യനെ പരീക്ഷിക്കുക ശിഷ്യൻ ഗുരുവിനും പരീക്ഷിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇതൊരു പ്രക്രിയ ഇതും ആ ശിഷ്യന്റെയും സാധനാ മാർഗത്തിലൂടെ സാധനാ മാർഗത്തിലെ ചില പടികളാണ് ഇതെല്ലാം ഈ പരീക്ഷണങ്ങളും ശിഷ്യന്റെ യോഗ്യതാ പൂർത്തിക്ക് ആവശ്യമാണ് അപ്പോ ഇവിടെ ഗുരു എന്ന് പറയുന്നത് ശിഷ്യന് ഒരു പരീക്ഷണമാണിത് മാർക്കിടുകയല്ല ചെയ്യുന്നു മത് ഈ ശിഷ്യന്റെ പരീക്ഷണമെന്ന് പറയുന്നത് ഗുരു നടത്തുന്ന പരീക്ഷണമെന്ന് പറയുന്നത് ശിഷ്യന്റെ പാകപ്പെടുത്തലാണ് അപ്പൊ ആ എന്ന് പറയുന്നത് ശിഷ്യന് സംഭവിക്കേണ്ട പല പരിവർത്തനങ്ങൾക്കും കാരണമായിട്ടുള്ളതാണ് ഇവിടെ പരീക്ഷണമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അർത്ഥത്തിൽ എടുത്തിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഈ പരീക്ഷണമെന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ ഗുരു ആഗ്രഹിക്കുന്നത് ശിഷ്യന്റെ പരിവർത്തനമാണ് ആ ജീവനെ വീണ്ടും ഊർദ്ധുവതിയിലേക്ക് നയിക്കുന്നതിനുള്ള രീതികളാണ് അവിടെ ചെയ്യുന്നത് നമ്മൾ സാധാരണ പരീക്ഷ എന്നുള്ള അർത്ഥത്തിലുണ്ട് അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു ശിഷ്യൻ കൂടുതൽ പാകത ആർജിക്കുകയാണ് അതുകൊണ്ട് കേവലം ഒരു ത്തി മാർക്കിടുകയല്ല മറക്ക് ശിഷ്യനെ പരിവർത്തനപ്പെടുത്തുന്നതാണ് ഗുരുവിന്റെ പരീക്ഷണം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കുന്നു യോഗ്യത പോരായ്മകൾ യോഗ്യതകളിൽ ഉണ്ടെങ്കിൽ അതിനെയും പരിഹരിക്കുന്ന പരീക്ഷണത്തിലൂടെ അതുകൊണ്ടാണ് ശിഷ്യന് ആ ഗുരുകുലത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്രതീക്ഷിതങ്ങളായ ക്ലേശങ്ങൾ ശാരീരികമായ മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇതിനെയൊക്കെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ ശിഷ്യൻ അത്രയും പാകപ്പെട്ട സാധനമാർഗത്ത് മുന്നോട്ട് പോകും അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ നജീകേശിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രലോഭനങ്ങൾ മുന്നിലേക്ക് വെക്കുകയാണ് ഈ പ്രലോഭനങ്ങൾ ഇയാൾക്കും ഇതിനുള്ള വാസനയുണ്ടോ ഇയാൾക്ക് ഉടങ്ങുന്നതിനുള്ള വാസനയുണ്ടോ എന്ന് ഇവിടെ ഒരു ചെറിയൊരു ടെസ്റ്റിന്റെ മാത്രമേ ആവശ്യമാണ് സാധാരണ ഒരു ശിഷ്യനെ സംബന്ധിതമായി ഇതൊന്നും പോരാ ദീർഘകാലത്ത് പരിവർത്തനമായ ശിഷ്യനും സംഭവിക്കേണ്ടി വരും ശരിയായ ഫലം ഉണ്ടാക്കുന്നു അത് മാത്രമല്ല ഗുരുവിടെ ഉപദേശിക്കേണ്ടത് ആത്മവിദ്യയാണ് ആത്മവിദ്യ വിജ്ഞാസ കൊണ്ട് മാത്രം വിജ്ഞാസ മാത്രം അടിച്ചാനുള്ള ഒരാൾക്ക് ഉപയോഗിച്ചിട്ട് അത് ഉപദേശിച്ചിട്ട് അത് ഫലപ്രദമാകത്തില്ല പാകം വന്ന് നിലത്ത് വിത്ത് കളിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ശരിയായിട്ടുള്ള ഫലം ഉണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ വിതയ്ക്കുന്ന വിത്ത് ശൂന്യമായി പോകും നഷ്ടപ്പെട്ടു അപ്പോൾ ഗുരുക്കന്മാർ അവരിലിരിക്കുന്ന വിദ്യ യോഗ്യമായ പാത്രങ്ങളിലേക്ക് പകരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശിഷ്യൻ ജിജ്ഞാസമാണ് യോഗ്യതയുണ്ട് പക്ഷേ തന്റെ വിദ്യയെ സ്വീകരിക്കുന്നതിന് പര്യാപ്തമായ യോഗ്യതയില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ആ യോഗ്യതയെ ഉണ്ടാക്കി ആ വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ആയിരിക്കും അതുകൊണ്ട് ഇതിനെല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരീക്ഷണാർത്ഥം അതാണ് ശിഷ്യ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പരീക്ഷ ഗുരുവിൽ നിന്ന് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു പരീക്ഷയെ നേരിടുന്നതിനും അതിനെ അതിജീവിക്കുന്നതിനും തന്നെ അപൂർവം പേർക്ക് ഭാഗ്യമുണ്ടാകത്തുള്ളൂ എന്ന് പറയാം അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ടാകത്തുള്ളൂ കാരണം ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ആ യോഗ്യത എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ പലരും അതിൽ നിന്ന് ഭൃഷ്ടന്മാരായി പോവുകയാണ് പതിവ് കാരണം അതിനെ ചിലപ്പോൾ യോഗ്യതയില്ലാന്ന് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുന്നത് തൽക്കാലം മാറ്റി വയ്ക്കുക പിന്നെ ഗുരുവിന് വേറെ ഒന്നും ചെയ്യാൻ ഇല്ല ഇയാളൊരു പരീക്ഷ ഇയാൾ ശരിയാകും പിന്നെ മാറ്റിവെക്കുക ഇനി അടുത്ത ജന്മത്തെ അങ്ങനെ ശരിയാക്കോട്ടോ എന്ന് വിചാരിച്ച് തൽക്കാലം മാറ്റിവെക്കും അങ്ങനെയുള്ള മാറ്റിവെക്കാൻ പെടലിനാണ് കൂടുതൽ പേരും വിധേയരാകുന്നത് അപൂർവേർക്ക് മാത്രമേ ഗുരുവിൽ നിന്നും ഈ പറയുന്ന തരത്തിലുള്ള ആത്മവിദ്യയെ അറിയിക്കാൻ ഉള്ള യോഗ്യത ഈ ജന്മത്തിൽ തന്നെ ഒരു ഗുരുവിനെ സമീപിച്ചാൽ തന്നെ ഈ ജന്മത്തെ തന്നെ അത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് അതുകൊണ്ടാണ് ശിഷ്യന്മാരെ ഉത്തമ മധ്യമ അധമ എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നത് അപ്പോ ഈ ജന്മത്തിൽ അല്ലെങ്കിലും ഒരു ഗുരുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ വർത്തമാന ജന്മത്തിലല്ലെങ്കിലും അയാൾക്ക് ഏതെങ്കിലും ഒരു ജന്മത്തിൽ വരും ജന്മങ്ങളിലെങ്കിലും ഈ പറയുന്ന ജ്ഞാനപ്രാപ്തിയും മോശവും എല്ലാം ഉണ്ടാകുന്നതിനുള്ള ഒരു അവസരം അതുകൊണ്ടുണ്ടാകുന്നു അതും അവിടെ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ഒരാൾ ഗുരു സേവയിൽ തന്നെ മുഴുവണെങ്കിൽ അങ്ങനെ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അയാളിങ്ങനെ ദുരിതത്തിൽ പാകപ്പെടാത്തവനാണെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് ഗുരുവിന്റെ പരീക്ഷണങ്ങളോടെല്ലാം ഒരാൾ പ്രതികരിക്കുന്നത് പിന്നെ വേറെ ഗുരുക്കന്മാരെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നത് പല പല ഗുരുക്കന്മാരെ പരീക്ഷിച്ച് നോക്കുന്നതെല്ലാം അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അതെല്ലാം മാത്രം ജീവന്മാരുടെ വാസന ദുർവാസന അല്ലെങ്കിൽ പാപാധിത്യം കൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ് അവർക്ക് പല ജന്മങ്ങൾ വേണ്ടിവരും ശരിയായ സാധനമാർഗത്തിലെത്തിച്ചു തരാം പക്ഷെ നരി നരികേതസ് വളരെ ഒരു പരീക്ഷണാർത്ഥം ഇത് പറയുന്നുവെങ്കിലും അതിനേക്ക് വളരെ തരണം ചെയ്ത് ഗുരുവിന്റെ ഉപദേശത്തെ ശ്രമിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ട് ഈ ഗുരുപരീക്ഷണം എന്ന് പറയുന്ന ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ ശിഷ്യന്റെ പരീക്ഷണമോ ഗുരുവിനെ ശിഷ്യന്റെ പരീക്ഷണത്തിന് വളരെ വളരെ യോഗ്യതയുള്ള വളരെ വളരെ മുന്നോട്ട് പോയിട്ടുള്ള ശിഷ്യന് മാത്രമേ ഇതിന് ഗുരുവിനെ പരീക്ഷിക്കാനുള്ള യോഗ്യത വരത്തുള്ളൂ അത് ഗുരുവിനോളം ഗുരുവിനടുത്ത് എത്തിയ ഒരാൾ മാത്രമേ പിന്നെ ഗുരുവിനെ പരീക്ഷിക്കാൻ പറ്റൂ അതുകൊണ്ട് ശിഷ്യ പരീക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഗുരുവിന്റെ പരീക്ഷയെ കുറിച്ച് മാത്രം നമ്മളറിഞ്ഞോ അടുത്ത മന്ത്രം ദേവൈരത്ര വിചികിത്സം പുരാ സുവിജ്ഞേയ അനുരേഷധർമ്മ അനിംബരം നികേദോഷം മാ അമോ അതിമാസൃജയനം അത്ര അപ്പ വിചികിത്സിതം പുരാവിേയം അണു എ ധം വരം ചിഖേദ വിചചിത്സിതം പുരാ നേയ അനുരേഷ ബ്രമ അരം നിഗേതോ വർണ്ണീഷ മാക്ഷീരഭിമാശ്രജനം ം എന്നാണ് മോപരോഹി ഉപരോഹി നിർബന്ധിക്കുക മാ ഉപരോഹി നിർബന്ധിക്കരുത് ഉപരോഹി എന്നുള്ള അതിന്റെ ഭാഷ കൂടി അഭിനയിച്ചു ദേവീരബി ദേവന്മാരുകൂടി അത്ര ഈദശന്റെ ഈ ആത്മവസ്തുവിനെ കുറിച്ച് വിചിസം സംശയിതം പുരാപൂർവ്വം തന്നെ പറയുന്നുണ്ട് ദേവന്മാരുവരെ ഈ ആത്മവസ്തുവിനെ കുറിച്ച് സംശയിച്ചു എന്താണ് ആത്മാവെന്ന് അറിയുന്നതിന് വേണ്ടി ബ്രഹ്മാവിന്റെ അടുത്ത് ഉപദേശത്തിന് പോയി എന്നും മറ്റും പറയുന്നുണ്ട് അതുകൊണ്ടിവിടെ പറയണം മുൻകാലങ്ങളിലും മുൻ യുഗങ്ങളിലും മുൻകൽപങ്ങളിലും എല്ലാം ദേവന്മാരും കൂടി വിഷയത്തെക്കുറിച്ച് സംശയിച്ചതാണെങ്കിൽ ആത്മാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ ആത്മാവിന്റെ ജ്ഞാനത്തെ എന്താണ് ആത്മാവിന്റെ സ്വരൂപം എങ്ങനെയാണ് ആത്മാവിന്റെ ജ്ഞാനം ഉണ്ടാകുന്നത് ഈ വിഷയങ്ങളെ കുറിച്ച് എല്ലാം ദേവന്മാർ കൂടി സംശയം ഉണ്ടായതാണ് എന്ന് പറയാം നീ വേറൊരു മനുഷ്യനാണ് മഹിഷ് വിജ്ഞേയം സൃഷ്ടം നഹിസു വിജ്ഞേയം ഇത് നസു ഇത് വിജ്ഞേയല്ല എളുപ്പം മനസ്സിലാക്കാവുന്നതല്ല സുഷ്ടം ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നല്ല അത് ആത്മവിദ്യയെ കുറിച്ച് പറയുന്നിടത്തെല്ലാം പറയാം ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതാണ് എന്ന് പറയുന്നത് അതിന്റെ താല്പര്യം എന്താണ് മനസ്സിലാക്കാൻ അസാധ്യമെന്നല്ല അതിസൂക്ഷ്മമായ തത്വമാണിത് അതുകൊണ്ട് സൂക്ഷ്മബുദ്ധികൾക്ക് മാത്രം ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് മാത്രം ഇതിനെ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത് ഇത് എളുപ്പമല്ല അശകൃത് ശ്രുതമുടി അഷകൃത് പലതവണ ശ്രുതമൊടി കേട്ടാലും അടുത്ത യമദേവനത്തിന് പറയും ശ്രവണായാതി ബഹുനഭ്യന്തോദ്യ ഇത് കേൾക്കാൻ തന്നെ മിക്ക പേർക്കും അവസരം കിട്ടുന്നില്ല പലരും ഇത് കേൾക്കുന്ന കൂടിയില്ല ഒട്ടും മിക്ക മനുഷ്യനെ ഇതിനെ കുറിച്ച് കേൾക്കുന്നതിന്റെ ആത്മഹത്യ തോ കേട്ടോ എന്നെ വിദ്യാ മനസ്സിലാക്കാൻ കഴിയുന്നില്ല കേട്ടാൽ കൂടി മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അവന്റെ അന്ധകരണത്തിൽ മാലിന്യങ്ങളുണ്ടെന്നും മനോമാലിന്യങ്ങളും ഇതിനെ തടസ്സമായി നിൽക്കാൻ എടുത്ത് പറയുന്നത് പ്രാകൃതഹീനയും പ്രാകൃതരായ ജനങ്ങൾ സംസ്കൃതരല്ലാത്ത ജനങ്ങൾ സംസ്കൃതചിത്തരല്ലാത്തവർക്ക് അന്ധ തന്നെ ശുദ്ധി വന്നിട്ടില്ലാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ആശ്രമത്തിലേക്ക് ചിലപ്പോൾ ഗുരുവും പറയുന്നു എന്താണോ മനസ്സിലാക്കാൻ ഉപദേശിച്ച് വന്നാലും നീട് ലോക വ്യവഹാരത്തിന് നമ്മൾ കാണുന്നതാണ് ഗുരുവിന് ഗുരുവിനെ തേടി പോകുന്ന ആശ്രമത്തിലാണ് അവിടെ ചെല്ലുമ്പോൾ ഗുരു പറയുന്നു മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്തുകൊണ്ട് പ്രയാസമെന്ന് പറയുന്നു പ്രാകൃതേഹി ജനഹീ അല്ല അന്ധകരണ ചെയ്ത് ഉൾക്കൊള്ളുന്നതിനും ശുദ്ധമായിട്ടില്ല അപ്പൊ അന്ധകരണത്തിന് ശുദ്ധി വരണം അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള അത് ചെയ്യുന്ന ജീവിക്കുകയോ ധ്യാനിക്കുകയോ സേവനങ്ങൾ ചെയ്യുകയോ എല്ലാം ചെയ്ത മനസ്സിനെ ശുദ്ധമാക്കിയെടുക്കുക എന്നാണ് അതാണ് പറയുന്നത് അപ്പൊ ആശ്രമങ്ങൾ ചെല്ലുമ്പോൾ നമ്മുടെ പലരും അങ്ങനെ പരാതിപ്പെടുന്നവരും അല്ല നമ്മളത് ജിജ്ഞാസയോടുകൂടിയാണ് അറിയുന്നതിനുള്ള അത്യധികമായ ആഗ്രഹത്തോടുകൂടിയാണ് ഗുരുവിനെ സമീപിച്ചത് പക്ഷെ ഗുരു എന്താണ് ചെയ്ത് എന്നെ ഇരുത്തി ശക്തിപ്പെടുത്തിക്കുന്നതിന് പരാ എന്നോട് പറഞ്ഞു തോൽക്കിപ്പോയി പശുവിനെ നോക്കാനാണ് പറഞ്ഞത് അപ്പോ എനിക്ക് അർഹമായത് തന്നില്ല എന്നുള്ളൊരു പരാതി അപ്പോൾ ഇത് നോക്കാനാണില്ലാത്തോണ്ടിരുന്നു വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയായിരിക്കും എന്ന മനസ്സിൽ കരുത് കരുതുന്നവരും ഉണ്ട് നിങ്ങൾ മിക്കവാറും പേര് ഒരു പക്ഷേ ഒരു ആശ്രമത്തിൽ പോയിട്ടുള്ള ആളായിരിക്കും ഞാനെന്താ വെച്ചാൽ ഇതിനകം ഒരു പത്തുനൂറ് ആശ്രമങ്ങൾ ഇങ്ങനെ കയറിയിറങ്ങിയ ആളാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ആശ്രമങ്ങളും അവിടുത്തെ ചുറ്റവട്ടങ്ങളും ഒക്കെ അറിയാം അപ്പൊ ഇങ്ങനെയാണ് മനസ്സിൽ വരുന്നതിലാണ് ചില നിലയിസരുന്നതാണ് എന്നുവെച്ചാൽ അയാൾ തന്നെ കുറിച്ച് തന്നെ കരുതുന്നതാണ് ഞാൻ വളരെ യോഗ്യനാണ് ഇത് കേൾക്കാൻ ഗുരു എന്നെ മനസ്സിലാക്കിട്ടാണുള്ളത് ഗുരു ശരിയായ രീതിയിൽ എന്നെ മനസ്സിലാക്കിട്ടാണ് അതുകൊണ്ട് വന്ന ഉടനെ എനിക്ക് ആദ്യ വിദ്യ ഉപദേശിക്കാതെ അടുക്കളയിൽ വിനിയോഗിച്ചു പക്ഷെ അതുകൊണ്ട് രണ്ടുദ്ദേശമുണ്ട് അപ്പോ കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ചെന്നുകഴിഞ്ഞാൽ ആദ്യം തന്നെ അവിടുത്തെ ഒരു ശിഷ്യൻ ഗുരുതന്മാരാദ്യം ചെയ്യുന്ന കൊടുക്കുന്ന ചുമതല എന്ന് പറയുന്നത് ഭക്ഷണശാലയുടെ ചുമതലയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലിന്റെ ചുമതല അത് കൊടുക്കും അവിടെ വെച്ചാണ് ഒരുവനെ ശരിക്കും മനസ്സിലാക്കുന്നത് ഭക്ഷണം കാണുമ്പോഴാണ് ഒരാളെ രീതികൾ ശരിക്കും മനസ്സിലാക്കുന്നത് അപ്പൊ അതിന്റെ ചുമതല കൊടുക്കും അതിന്റെ ഇയാളെ നിരീക്ഷിച്ചോണ്ടേയിരിക്കും നിരീക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുള്ള ആളുടെ തടി നിരീക്ഷിച്ചോണ്ടിരിക്കും ഇപ്രവർത്തകളെങ്ങനെയാണ് ഇതിനെങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മിക്കവാറും പേര് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു വിടും കാരണം ആശ്രമത്തിന്റെ സാമ്പത്തിക നഷ്ടവും ഇയാളുടെ യോഗ്യത ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സാറിന് ചെയ്യുന്നത് കാരണം അതും ഒരു ശരിക്കും പരീക്ഷണമാണ് അതിനെ തന്നെ അതിജീവിക്കാൻ കഴിയത്തില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ചുമതല വന്നു കഴിഞ്ഞാൽ തന്നെ പൊതുവെ എന്താണ് ൂണ്ടാനം പറഞ്ഞതുപോലെ കോലകങ്ങള് സേവകരായിട്ട് കോലം കെട്ടി ജന എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഒരു ആശ്രമിച്ചു പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സേവ ഉടനെ തന്നെ പിന്നെ ഇയാൾ കോലം കെട്ടി ജനായിട്ടാണ് സേവകനായിട്ട് അങ്ങനെ ഒരു കൂട്ടർ അങ്ങനെ പോകും വേറൊരു കൂട്ടർ ഇങ്ങനെ തടി നന്നാക്കും അങ്ങനെ പലതരത്തിലാണ് ഈ ശിഷ്യന്റെ പരീക്ഷണങ്ങൾ അവസാനിക്കുന്നത് പൊതുവെ ആശ്രമങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ഏതെങ്കിലും ഒന്നില കുടുങ്ങിപ്പോവും അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഗുരു ഇങ്ങനെ നിയോഗിക്കുന്നത് അതുകൊണ്ട് മനുഷ്യന് കാരണം ഇതൊക്കെ ഒരുപാട് പ്രായോഗികമായി കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പൊ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ കിട്ടുന്ന ചെറിയ കാര്യങ്ങളെ തന്നെ ഇങ്ങനെ വലിയ വലുതായി കൊണ്ടുനടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിരുന്നു ഒരു വലിയ ഒരു ഉദ്യോഗത്തിലിരുന്നു പിന്നെ ഒരാശ്രമത്തിൽ ഒരു വലിയൊരു ഉദ്യോഗത്തിലിരുന്നു കേന്ദ്ര ഗവൺമെന്റ് സർവീസിലിരുന്നു ഒരുപാട് ആൾക്കാരെയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാള് അയാൾ ഇങ്ങനെ പറയുന്നു ആശ്രമത്തിൽ ഗുരുവിന്റെ അടുത്ത് വന്നു ഗുരു നോക്കി അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശരിയായ ജിജ്ഞാസയോട് കൂടിയാണ് വന്നത് ശരി ഗുരു വിചാരിച്ചെന്നു പരീക്ഷിച്ചിടാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം ഇവിടെ ആൾക്കാരൊക്കെ വരുമ്പോ അവിടെ എൻക്വയറിയിലും അവിടെ പിടിച്ചിട്ടു അപ്പോ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്ന ആൾക്കാരെല്ലാം പരാതിപ്പെടാൻ തുടങ്ങി കാരണം മുമ്പ് ഇദ്ദേഹം ഇരുന്ന ഉദ്യോഗത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ജീവനക്കാർക്ക് പരാതി ഉണ്ടായിരുന്നു അതിനും വലിയ പരാതിയാണ് കാരണം അതിനും വലിയ നടക്കുന്നത് പഴയ ഉദ്യോഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എന്നാൽ ഇവിടെ വന്ന് കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ് പയതിനൊക്കെ വലുതായിട്ടാണ് ഇയാൾ കാണുന്നത് ഞാൻ പറഞ്ഞത് ഓരം കെട്ടി ഞെളി ചെറു അങ്ങനെ പലതരത്തിലുള്ള മുഖങ്ങളെയാണ് നമ്മൾ ഈ അവിടെ ചെറുതായി എന്നെ കിട്ടിയാണ് ഇതിനാണ് ഏറ്റവും വലിയ കാരണം മായ മായാശക്തി എന്ന് പറയുന്നത് നമ്മൾ ഈശാവശ്യ വർഷത്തിൽ പറഞ്ഞാണ് ഹിരന്മയേന പാത്രേന അപ്പൊ ഗുരുവിന്റെ അടുത്ത് തന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ മുഖമാണ് നമ്മൾ കാണുന്നത് അടുത്ത എന്താണ് ഹിരൺമയ പാത്രയാണ് അവിടെ സ്വർണമയമായ ഒരു മുഖം അതുകൊണ്ട് മുഖം മറിച്ചിരിക്കും കാണുന്നതാണ് ആ വിശ്വമോഹിനിയായ മായാരൂപമാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിന് കടന്നു വേണം അങ്ങ് യഥാർത്ഥ ഗുരുവിന്റെ അടുത്ത് തന്നെ അപ്പൊ ഇതാണ് ആദ്യം കാണിച്ചു തരുന്നത് അതാണിങ്ങനെ ഓരോ സ്ഥാനമാനങ്ങളൊക്കെ ഈ ആശ്രമിച്ചിരുന്നു കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെയിരുന്നു രക്ഷപ്പെടേണ്ടവനാണെങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ അവൻ അതോടുകൂടി ശരിക്കൊരു പാഠം പഠിക്കണം നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം ഗുരുവിന് കാണത്തില്ല പക്ഷേ ഇവനെ ഒന്ന് പാഠം പഠിപ്പിക്കണമെന്നൊരു ഉദ്ദേശമാണ് നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ മായി ഒരു എന്റെ ബാഹ്യമായ വിശ്വരൂപത്തിൽ അത് കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നു എന്തുകൊണ്ട് യോഗ്യത ഇല്ലാത്തോണ്ടും ഈ തത്വം എന്ന് പറയുന്നത് ഗ്രഹിക്കുന്നതിന് പ്രയാസമുള്ളതും ആളുകൾ സൂക്ഷ്മേശ ഇത് അത്യധികം സൂക്ഷ്മമാണ് ഈ തത്വം ആത്മാധർമ്മ ഈ ആത്മതത്വം എന്ന് പറയുന്ന ഈ ധർമ്മം അതുകൊണ്ട് ഓടിച്ചെന്ന് ഗുരുവിനോട് ആത്മാവിനെ പിടിച്ചു വാങ്ങണം എന്ന് വിചാരിച്ചാൽ അത് കിട്ടത്തില്ല അത് കിട്ടുന്ന അവിടെ കടന്നു പോകേണ്ടി മായ കൊണ്ടുള്ള ആ പരീക്ഷണങ്ങൾ എന്നാൽ പരീക്ഷണങ്ങളെല്ലാം മായാ കാര്യങ്ങളാണ് ആ പരീക്ഷണങ്ങളെ അതിജീവിക്കണം അധിക അതുകൊണ്ട് എന്താണ് പറയുന്നത് അന്യം അസന്ധിഗ്ധലം വരം നദികേതീഷ് അതൊന്ന് പറയുന്നെന്താണ് അസന്ധ ഫലം ഇതിനെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഉറപ്പൊന്നുമില്ല നീ ഇവിടെ എത്തിച്ചേരും എന്ന് നിനക്ക് കിട്ടും അങ്ങനെയൊന്നും പക്ഷെ ഉറപ്പുള്ള ഫലങ്ങളുള്ള മറ്റു വരങ്ങൾ ഞാൻ നിനക്ക് തയ്യാറാണ് നിന്റെ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിന്ന ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെയുള്ള എന്തെങ്കിലും വരം നദികേത അല്ലയോ നദികേതശേശ്വ അങ്ങ് സ്വീകരിച്ചാലും അങ്ങനെയുള്ള ഫലത്തെ അങ്ങ് സ്വീകരിച്ചാലും അല്ലാതെ മായയെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ആത്മജ്ഞാനത്തെക്കുറിച്ചും സാധനങ്ങളെ കുറിച്ചും നീ അന്വേഷിക്കണ്ട എന്നാണ് എന്ന് പറയുന്നത് ഗുരു നിരുത്സാഹപ്പെടുത്തുകയാണ് ഇതിന് ശിഷ്യന്മാർക്ക് പരാതികളും ആശ്രമിച്ചെന്ന് ഞാൻ ആത്മജിജ്ഞാസായിട്ടിരുന്നു ഗുരു പറയുന്നു നീ ഇതിന് യോഗ്യതയില്ല എന്നാൽ അതിപ്പോഴെങ്ങും ഇത് നിനക്ക് നേടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഗുരു നിരുത്സാഹപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഗുരു ശരിയല്ല എന്ന് ഗുരുവിനെ വിലയിരുത്തുന്നവരുമുണ്ട് ഇവിടെ ഹേവിന്ന് പറയുന്ന വേറെന്തെങ്കിലും നീ ആവശ്യപ്പെടുക നീ ഇത് തൽക്കാലം ഇത് ആവശ്യപ്പെടില്ല എന്നെ നിർബന്ധിക്കരുത് ഈ ഒരു കാര്യത്തിന് വേണ്ടി നീ നിർബന്ധിക്കരുത് എന്റെ പിതാവിനെ നിർബന്ധിച്ചത് പോലെ പിതാവിനെ നിർബന്ധിച്ച് അറിയാമല്ലോ എനക്ക് അതുപോലെ നീ എന്നെയും വന്ന് നിർബന്ധിക്കരുത് കാരണം സത്യവിജ്ഞാസമാണ് വിടത്തില്ല എന്ന് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നിർബന്ധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് നീ എന്നെ നിർബന്ധിക്കരുത് ഉപരോധം മഹർഷി എന്നെ നിർബന്ധിക്കരുത് നിനക്ക് വേണമെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും ഡ്യൂട്ടി തരാം മറ്റെന്തെങ്കിലും ചുമതല തരാം ഏതുപോലെ അധമർണം ഇവ ഉത്തമർണഹ അധമർണനെ എങ്ങനെയാണോ ഉത്തമർണ്ണൻ നിരന്തരമായി പീഡിപ്പിക്കുന്നത് ഉത്തമർണ്ണൻ കടം കൊടുത്തത് അസംരണം കടം വാങ്ങിയവൻ അപ്പൊ കടക്കാരനെ കടം കൊടുത്തവൻ നിരന്തരം ആ പലിശയും മുതലും തിരിച്ചു കിട്ടാൻ വേണ്ടി പറയാനും ശല്യപ്പെടുത്തും അതുപോലെയായി എന്റെ അവസ്ഥ ഞാൻ ആദ്യമേ പറഞ്ഞുപോയി നിനക്ക് മൂന്ന് വരം തരാമെന്ന് അതിനൊരു വരമാണ് ഇനി ചോദിച്ചത് അപ്പൊ ഞാൻ കടക്കാരനായി നീ ഇപ്പൊ എനിക്ക് കടം തന്നവനെ പോലെയായി അങ്ങനെ നീ നിർബന്ധിക്കുകയാണ് ദയവ് ചെയ്ത് അങ്ങനെ നിർബന്ധിക്കരുത് അതിശ്ര അതി മാസേനം ഉപേക്ഷിക്കൂ നീനം വരെ ഈ വരത്തന്നെ വിട്ടുകളതി ഇതിൽ നീ എന്നെ കടക്കാരനാക്കരുത് ഈ ഒരു വരം അതിനുവേണ്ടി എന്നെ ആവർത്തിച്ച് നിർബന്ധിക്കരുത് എന്നെ പറഞ്ഞു നിരുത്സാഹപ്പെടുത്തുകയാണ് നിരുത്സാഹപ്പെടുത്തുക മാത്രമല്ല ഇത് നേടുന്നതിന് നീ യോഗ്യനല്ല എന്ന് മഗീസനെ പരോക്ഷമായി സൂചിപ്പിക്കുകയും അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഇയാളുടെ യോഗ്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നജികേസിലെന്തെങ്കിലും അയോഗ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാനും നജികേസിന്റെ ആ തീവ്രമായ സത്യനിഷ്ഠയെ ശരിക്കും പ്രകടമാകുന്നതിന് വേണ്ടി അഗ്നി അത് ചാരം കൊണ്ട് മൂടിയിരുന്നാൽ നമുക്ക് അഗ്നിയാണെന്ന് തോന്നുന്നില്ല പക്ഷെ ആ ചാരം എല്ലാം മാറി കഴിയുമ്പോഴാണ് അതിന്റെ തേജസ് പെളിപ്പെടുന്നത് അതുപോലെ നജികേസിന്റെ ഉള്ളിലുണ്ട് സദ്വാസനകളുണ്ട് സദ്ജിജ്ഞാസുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതിനെ പ്രകടമാകും അതിന്റെ ഉപോധ തലത്തിൽ നിന്ന് തന്നെ ബോധ തലത്തിലേക്ക് കൊണ്ടു വന്നു എന്നിട്ട് അവിടെ വേണം ഈ വിദ്യയെ പ്രതിഷ്ഠിക്കാൻ അതിനു വേണ്ടിയിട്ട് ഉണർത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നഗേദത്തിന് പരീക്ഷിക്കാൻ ഇവിടെ അത്രാവി മന്ത്രത്തിന്റെ അർത്ഥം അത്ര ഈ വിഷയത്തിൽ ദേവീരഠി ദേവന്മാരുകൂടി പുരാമൻപ് വിചിരിസ്ഥിതം സംശയിച്ചിട്ടുണ്ട് യേശുധർമ്മ ഈ ആത്മതത്വം ഇന്ന സുവിജ്ഞയും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാമെന്നുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ അണുഹു ഇത് അത്യധിക സൂക്ഷ്മമാണ് अलयो അല്ലയോ നസികേദസേ അന്യം വരം മറ്റൊരു വരം എന്നിൽ നിന്നും സ്വീകരിക്കൂ മാം എന്നെ നിർബന്ധിക്കരുത് ഏനം ഈ വരത്തെ എന്നോട് ആവശ്യപ്പെടരുത് ഉപേക്ഷിക്കൂ ഈ വരത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കും എന്ന മുക്തനാക്കൂലും വീണ്ടും ആവർത്തിക്കുകയാണ് അതാണ് അടുത്ത മന്ത്രത്തിൽ അത്രാ വിസിതം മൃത്യോ യു വിജ്ഞേയർ വക്താസ്യത്വാദോനോ വരസ്തു കിത് तुम अचिक्सित मृत्यु येयमा आत्थ मता चार त्यो न ल ൃത്യോ എന്നിജേമക്താശോദന്യോന ലഭ്യോ ഇങ്ങനെ പറയപ്പെട്ടവനായ നദീതസ് യമൻ പറയുന്നത് കേട്ടവനായ നദിതസ് ആഹ പറയുന്നു എന്താണ് ഇതെനിക്ക് അറിയണമെന്നുള്ള കാര്യമാണ് ദേവന്മാരും കൂടി ഈ വിഷയത്തിൽ സംശയിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കിയവരുണ്ട് ദേവീ അഭി അത്ര വിജികിശ്ശിതം ജില്ല ഇതി ഇക്കാര്യം അങ്ങയിൽ നിന്നല്ലെങ്കിൽ അങ്ങേ പോലെയുള്ള മഹാന്മാരിൽ നിന്ന് തന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ദേവന്മാർക്ക് ഒരു കാര്യത്തിൽ സംശയമുണ്ട് ആത്മതത്വം അതിസൂക്ഷ്മമാണ് ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് പക്ഷേ മൃത്യു അതെയോ മൃത്യുദേവ അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ നസജ്ഞേയം ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല ആത്മതത്വം ആർത്ഥകഥേഷിപ്പം അങ്ങാണല്ലോ പറയുന്നു അങ്ങ് സ്വയം പറയുന്നു മനസ്സിലാക്കാൻ പ്രയാസമാണ് അപ്പൊ തീർച്ചയായിട്ടും അങ്ങ് ദേവനാണ് ദേവന്മാർക്ക് കൂടി ഇത് പ്രയാസമുണ്ട് എന്നുള്ള കാര്യം സ്പഷ്ടമാണ് ഇത് എനിക്ക് മുൻകൂട്ടി അറിയാമെന്നുള്ള കാര്യമാണ് എന്നർത്ഥം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് എന്നെ വന്നത് അതുകൊണ്ട് തന്നെ യമദേവൻ പറഞ്ഞ ആ കാര്യത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് പറയുകയാണ് അധ പണ്ഡിതി രവി അവ പണ്ഡിതന്മാർക്ക് കൂടി ഇത് അവേദനീയത്വ വേദനീയമല്ലാത്തതിനാൽ മനസ്സിലാക്കാൻ കഴിയാത്തതായതിനാൽ പാണ്ഡിത്യം പറയുന്ന ശാസ്ത്ര പാണ്ഡിത്യം അനേക ശാസ്ത്രങ്ങൾ ചതുർവേദത്തിലും അനേക ശാസ്ത്രങ്ങളിലും എല്ലാം അറിയുള്ളവരാണെങ്കിൽ കൂടിയും ആത്മതത്വം അവേദനീയമാണ് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എന്നറിയാം അങ്ങ് തന്നെ പറയുന്നത് ദേവന്മാർക്ക് പറയാൻ കഴിയാത്തതാണെന്ന് അതുകൊണ്ട് തന്നെ വക്താചാസ്യ ധർമ്മ ഈ ധർമ്മത്തിന്റെ ഈ തത്വത്തിന്റെ വക്താവ് അങ്ങയ്ക്ക് തുല്യനായ മറ്റൊരുവൻ പണ്ഡിത മറ്റൊരു പണ്ഡിതൻ്റെ അങ്ങയ്ക്ക് തുല്യനായ മറ്റൊരു പണ്ഡിതൻ എന്നർത്ഥം പണ്ട എന്ന് ആത്മവിഷയമായ ബുദ്ധി തത് അസ്ഥി പണ്ഡിത ആത്മബോധമുള്ളവൻ പണ്ഡിതൻ അങ്ങനെയൊരു പണ്ഡിതനുണ്ട് ശാസ്ത്ര പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനുണ്ട് ഇവിടെ അങ്ങയ്ക്ക് തുല്യനായ അന്യഹ പണ്ഡിത മറ്റൊരു പണ്ഡിതൻ വിഷയത്തിൽ ആത്മബോധമുള്ളവർ നന്വേഷ്യമാണോ ഇനി എവിടെ പോയി അന്വേഷിച്ചാൽ കൂടി ദുരിതേയമായിരിക്കുന്ന ഈ വസ്തുവിനെ അറിയുന്ന ഒരു ദേവനാണു അതാണ് അന്വേഷ്യമാണോ അന്വേഷിച്ചാൽ കൂടി അങ്ങേ പോലെ ഈ ആത്മബോധമുള്ളവര് ഗുരുവിനെ കണ്ടെത്താൻ പ്രയാസമുണ്ട് അതുകൊണ്ട് എന്താണ് അയന്തുവരോ നിശ്രേയസപ്രാപ്തി ചെയ്തു ഈ വരം എന്ന് പറയുന്നത് എന്താണ് നിശ്രേയസപ്രാപ്തിക്ക് ഹേതുവാണ് നിശ്രേയസം മോക്ഷം അതിന്റെ പ്രാപ്തിക്ക് ഹേതുവാണിത് അതഹ അതുകൊണ്ട് എന്താണ് നാന്യവരഹ മറ്റൊരു വരം തുല്യ സദൃശ ഇതിന് തുല്യമായും മറ്റൊരു വരമില്ല യമദേവൻ പറഞ്ഞ എന്താണ് ഇതിന് തുല്യമായും മറ്റൊരു വരം ആവശ്യപ്പെടാം അഗ്നേശ എന്താണ് പറയുന്നത് ഇതിന് തുല്യമായ മറ്റൊരു വരം ഇല്ല എന്തുകൊണ്ട് നിശ്രേയസത്തിന് ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല ആത്മവിദ്യയ്ക്ക് തുല്യമായി മോക്ഷത്തിനുപകരിക്കുന്ന മറ്റൊരു സാധനവുമില്ല അപ്പൊ പിന്നെ ഇതിന് തുല്യമായ ഇങ്ങനെ ഒരു പരമ്പര കഷ്ട ഒന്നും തന്നെ ഇല്ല എന്തുകൊണ്ട് അന്യസ്യ സർവസ് അഭിപ്രായം അന്യസ്യ സർവസ് ബാക്കി എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം അനിത്യഫലത്വ അനിത്യമായ ഫലങ്ങൾ അതാണ് അതുകൊണ്ട് ഇതാണ് നിത്യമായ ഫലത്ത് കൊടുക്കുന്ന സാധനം എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇതും അറിഞ്ഞാണ് അതുകൊണ്ടാണ് മറ്റു രണ്ടു വരങ്ങളും ചോദിച്ചതിന് ശേഷം അവസാനം ചോദിക്കാൻ വേണ്ടി ഇത് മാറ്റിവെച്ചത് അജീവേശൻ അറിയാം ഇതാദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്ന് ചോദിക്കാൻ അവശേഷിക്കില്ല അപ്പോ മറ്റു രണ്ടു വരങ്ങളും പിന്നെ ചോദിക്കേണ്ട ആവശ്യം വരത്തി അപ്പൊ ഇത് അവസാനം മാറ്റിവെച്ചു കാരണം ഇതിന് തുല്യമായൊരു വരം വേറെ ഇനി ചോദിക്കാനില്ല അന്തിമമായ ജ്ഞാനമാണ് ആത്മവിദ്യ അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് നേടേണ്ടതായി അവശേഷിക്കുന്നില്ല അതുകൊണ്ട് അതിന് ഉപായം എന്നുള്ള നിലയ്ക്ക് മറ്റു മാർഗങ്ങൾ മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ വേണ്ടി മറ്റു രണ്ടു വശ വരങ്ങളും ആവശ്യപ്പെട്ടതാണ് പക്ഷെ തനിക്ക് വേണ്ടത് ഇതാണ് ഈ വരം മജിക ആവശ്യപ്പെടുന്നത് തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ പോലെ യോഗ്യതയുള്ള ജിജ്ഞാസുക്കൾക്ക് വേണ്ടിയാണ് മറ്റു വരങ്ങളെല്ലാം മറ്റ് അധികാരികൾക്ക് വേണ്ടിയാണ് മറ്റു ചോദിച്ചത് അതുകൊണ്ട് ഇതല്ലാതെ മറ്റൊരു വരം എനിക്ക് എന്ന് പറഞ്ഞ് മരികേസ് എന്ത് വീണ്ടും തന്റെ ആവശ്യത്തെ തന്നെ ില്ക്കുകയാണ് എന്തിനുവേണ്ടി തന്റെ യോഗ്യതയെ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഒരു ശരിയായ ജിജ്ഞാസല്ലെങ്കിൽ ശരിയായ ജിജ്ഞാസത്തിന്റെ ലക്ഷണം തന്നെ എന്താണ് തന്റെ ജിജ്ഞാസയും ആശ്രമത്തിൽ വീട്ടിൽ നിന്ന് ആശ്രമത്തിലേക്ക് പോകുമ്പോൾ ഗുരുവിനെ അന്വേഷിച്ചു പോകും അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ജിജ്ഞാസ വൈരാഗ്യം തീവ്രത അതെല്ലാം ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ കൊറേശെ കുറേശ്ശെ അലിഞ്ഞലിഞ്ഞിഞ്ഞിഞ്ഞു കുറച്ചു കാലം ആശ്രമത്തിൽ ചെന്ന് നിൽക്കുന്നു കഴിയുമ്പോഴത്തേക്ക് സാധാരണ സംഭവിക്കുന്ന എന്താണോ ജിജ്ഞാസം ജിജ്ഞാസ വിരക്തി ഇതെല്ലാം കൂടി വരേണ്ടെന്ന് വരും അവിടെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും കാരണം പ്രപഞ്ചം സംസാരം മായാരൂപത്തിലുള്ള ഈ സംസാരം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആണ് അന്യാകുമാരിയിലായാലും ഹിമാലയത്തിലായാലും വീട്ടിലായാലും ആശ്രമത്തിലായാലും എല്ലാവരും പോലെ ഒരു വ്യത്യാസം കാരണം മായ എല്ലായിടത്തും മോഹിപ്പിക്കാൻ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ അവനെ മോഹിപ്പിക്കാൻ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും അത് ഒരുപോലെ ഇരിക്കുന്നു അപ്പം ഇവിടെ ചെന്നാലും ഇതിനെല്ലാം ക്ഷീണിപ്പിക്കാനും ഇതിനെല്ലാം വളർത്താനും നമ്മുടെ രണ്ട് ഭാവത്തിലും ഇത് നിൽക്കുന്നുണ്ട് സാധാരണ ഒരു ജിജ്ഞാസവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൈരാഗ്യം മന്ദമാണ് അവന്റെ ജിജ്ഞാസ ദുർബലമാണെങ്കിൽ അത് എവിടെ പോയാലും ക്ഷയിച്ചു ആവേശം തീവ്രത അത് മുമ്പോട്ട് മുമ്പോട്ട് മുൻപോട്ട് ചെല്ലുമ്പോൾ സാധാരണ എല്ലാവരും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ ആഗ്രഹിക്കുന്ന എന്തായാലും മോക്ഷമോ നടക്കുന്ന കാര്യമല്ല പിന്നെ തൽക്കാലം ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലും പറ്റിക്കൂടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള വൈരാഗ്യം എല്ലാം ചെന്ന് നിൽക്കും അങ്ങനെയൊരു സാധനം കണ്ടുവരുന്നു പക്ഷെ അങ്ങനെയുള്ള ഒരാളല്ല നദീവേസിനെ സംബന്ധിച്ചിടത്തോളം അത് പിതാവിന്റെ അടുത്ത് പോയപ്പോൾ എന്ത് തീവ്രതയാണോ ഉണ്ടായിരുന്നത് അതേ തീവ്രതയിൽ തന്നെ പോയി അതുകൊണ്ട് പറയുന്നു മറ്റു പരമൊന്നും എനിക്ക് ആവശ്യമില്ല എന്നർത്ഥം അപ്പൊ ഗുരു പറയും ശരി തന്നെ ഊട്ടുപേരയുടെ മാനേരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് പോകുന്ന ആളല്ല ഇവിടുത്തെ ശിഷ്യൻ പറയുവാൻ അടുത്ത് പക്ഷെ ഹിമദേവൻ വിടുന്നില്ല ആ മന്ത്രത്തിൻ്റെ അടക്കം അത്ര ഈ വിഷയത്തിൽ ദേവി ദേവന്മാരും കൂടി വിചരിച്ചിടം കില സംശയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രസിദ്ധമാണ് മൃത്യു അല്ലയോ മൃത്യു ഭഗവാന് ഹിമദേവഞ്ച അങ് തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയത് എന്നസിലാക്കാൻ എളുപ്പമുള്ളതല്ല എന്ന് ആ പറയുന്നു അങ് തന്നെ അശി വക്ത ഈ ആത്മതത്വത്തിന്റെ വക്താവ് തുല്യ വര ഇതിന് തുല്യമായ വരം അന്യഹ കഷ്ട മറ്റൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് എനിക്ക് ഈ വരം തന്നെ മതി വീണ്ടും അതേവൻ പ്രലോഭിക്കുകയാണ് ശതായുഷ പുത്ര പൗത്രാൻ വർണ്ണീഷ്വ ബഹൂൻ പശൂൻ ഹസ്തിഹിരണ്യം അശ്വാൻ ബഹുനേർ യംീവ ശരോ യു പുനഃ പ്രലോഭേന് ഉചർ പുത്രപൗഷവ ബഹു പശു ഹസ്തിരണ്യ भूमेहि, महद മഹദ്യത സ്വയം ജീവ ശരത് യസിഷ പുത്രപൗത്രാൻ വന്നീഷൂൻ പശൂൻഹസ്തിരണ്യമ്വാൻ ഭൂമേർമഹദായ വലീഷ്വ സ്വയം ജീവശരോ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും നജികീതസ് പ്രലോഭ വീണ്ടും പ്രലോഭിച്ചുകൊണ്ട് പറയുകയാണ് മൃത്യു ആശ്രമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാല് ഒരു ചുമതലകളിലേ ഏൽപ്പിക്കുകയാണ് ഓരോരോ പ്രവർത്തികളേ ഏൽപ്പിക്കുന്നു വലുതോ ചെറുതോ ഒക്കെ ആയിട്ടുള്ള പ്രവർത്തികൾ ഇതെല്ലാം ഗുരുസേവയ്ക്ക് വേണ്ടി ആ ഗുരുസേവയ്ക്ക് വേണ്ടി ഗുരുസേവയിലൂടെ തന്റെ അന്ധത്തിന്റെ ശുദ്ധിക്ക് മാത്രമുള്ളതാണ് അല്ലാതെ ഇതൊന്നും ഓലം കെട്ടി ഞെണിയുന്നതിനുള്ളതല്ല എന്നുള്ള ബോധം ആ ശിഷ്യന്റെ മനസ്സിൽ നിലനിൽക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസം കാരണം ഇതെല്ലാം ഗുരുസേവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാം ആത്യന്തികമായ തന്റെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ുന്നു എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ളൊരു ബോധം ഉണ്ടായാൽ അവനൊരു വിശുദ്ധനായിത്തീരും ഗുരു ഉപദേശത്തിന് പാത്രമായി തീരും നദിയേഷനെ പോലെയുള്ള ശ്രദ്ധ ശ്രദ്ധാലുവായ ഒരാൾ അത്രയൊന്നും ഉണ്ടായില്ലെങ്കിലും കുറെങ്കിലും ഗുരുവിനും ശാസ്ത്രത്തിനും സാധനാ മാർഗത്തിനും ഒക്കെ ഒരു മാത്രമേ ഇത്തരം അവസരങ്ങളെല്ലാം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റൂ അലാത്തവൻ അതിനെയും ദുരുപയോഗപ്പെടുത്തും അവിടെയും ജീവനെ അഹപതിപ്പിക്കും അപ്പൊ അങ്ങനെ വരാൻ പാടില്ല സൂചിപ്പിക്കാനാണ് നീണ്ടയും മന്ത്രങ്ങൾ ഇങ്ങനെ ആവർത്തിപ്പിക്കുന്ന എന്താണ് വീണ്ടും പ്രവർത്തിക്കുക ഒരു ഒരു ശിഷുവിന് ഏറ്റവും വലിയ പ്രലോഭനങ്ങളാണ് കണ്ടപ്പെടുത്തുന്നത് ശതം വർഷാണി ആയു ുഷ പുത്രപൗത്രാൻ പക്ഷെ ഏറ്റവും വലിയ സമ്പത്താണ് പുത്രപൗത്രാദി സമ്പത്തിൽ അതെന്താണ് സതായുഷ ഒരു പുരുഷായുഷ് തെക്കുന്നത് പുരുഷന് ശതായുഷാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദീർഘായുഷുള്ള പുത്രപൗത്രന്മാരെ എന്നാൽ നീ സ്വീകരിച്ചോളുക അപ്പൊ അതിന്റെ സമ്പൽ സമൃദ്ധിച്ച് സന്തോഷിച്ചു കഴിയുക അതാണ് ശതായുഷ പുത്രപോത്രാൻ പറഞ്ഞു പിഞ്ച മാത്രമല്ല ഗവാദി ലക്ഷണാൻ ഗോ തുടങ്ങിയ രൂപത്തിലുള്ള ഗോ ഹിരണ്യം തുടങ്ങിയ ബഹുവൻ പശുവിൻ വളരെയധികം പശുക്കളെ ഗോക്കള് ഹസ്തി ഹിരണ്യം അന്നത്തെ തരത്തിലുള്ള സമ്പത്തുകൾ ഇതൊക്കെയാണ് ഹസ്തി ഹിരണ്യം ചിയും ഹിരണ്യം സ്വർണവും ഇതെല്ലാം തരാം ഹാന്സിച്ച കുതിരകൾ നടത്തും എന്നാണ് ഇത് ഗുരു പറയും നിനക്കൊരു മാരധിക്കാറ് അന്ന് അങ്ങനെ തന്നെ നിനക്ക് ആന വരാം അതിന്റെ പുറത്ത് കയറി സഞ്ചരിക്കാം ആ കാലം അതാണ് ഇന്ന് അന്ന് അങ്ങനെ പ്രലോഭിപ്പിക്കുന്നു ഇങ്ങനെ പ്രലോഭിപ്പിക്കുന്നു ഇതെല്ലാം തരാം തിഞ്ചിനെന്താണ് ഭൂമി ഹി പൃഥ്വ്യ മഹത് വിസ്തീർണം ആയതനം ആശ്രയം മണ്ഡലം സാമ്രാജ്യം മണേഷ്വ ഇന്നെന്താണ് ഭൂമിയിലെ മഹദ്വിസ്തീർണം വലിയ സ്ഥലം ആയതനം വിശാലമായ ആശ്രയം മണ്ഡലം സാമ്രാജ്യം അതിനെ വിശദീകരിച്ച് വിശദീകരിച്ചു പോവുകയാണ് ബഹുമേർ മഹതായധനവും മഹത് എന്ന് പറഞ്ഞാൽ വിസ്തീർണ്ണം ആയതനം എന്ന് പറഞ്ഞാൽ ആശ്രയം മണ്ഡലം എന്നുവെച്ചാൽ ഒരു സാമ്രാജ്യം ഭരണീശ്വർ വലിയൊരു സാമ്രാജ്യം തന്നെ നിനക്ക് തരാം ചെയ്യാൻ ധരിക്കാൻ അവിടെ നിനക്ക് ധരിക്കപ്പെടേണ്ടുന്നവരായ കുറെ ആൾക്കാർ ഇനി അവിടുത്തെ ഒരു ഭരണകടത്താവായിരുന്നു എല്ലാവരും ധരിച്ചു അവിടെ വലിയ പൊങ്ങച്ചൊക്കെ നരിച്ച് അങ്ങനെ ഇരിക്കാം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കാൻ കുറെ ആൾക്കാർ താഴെയുണ്ടെങ്കിൽ ഈ ഭരിക്ക ഭരണകടത്താവിനൊരു സുഖമായി ഭരിക്കപ്പെടുക എന്ന് പറയുന്ന ആർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ ഭരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം ആശ്രമിച്ചെന്നു കഴിഞ്ഞ് ഭരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗം കിട്ടിയത് വളരെ സുഖമാണ് കാരണം കുറെ പേരെ ഭരിക്കാൻ വിരട്ട ഭരിക്കാം ഇതൊക്കെ ഒരു മഹാഭാഗ്യമാണ് അതുകൊണ്ട് പറയുന്നു ഗുരു പറയുന്നത് ഇവിടെ നിനക്ക് ഭരിക്കാൻ വേണ്ടി കൊറേ പേര് ഇത്ര ഒരു സെക്ഷന്റെ ചുമതല ഭരിക്കപ്പെടുന്നവര് കൊറേ പേര് കാണും സാമ്രാജ്യമാണ് ഇവിടെ കൊടുക്കുന്നത് പാവം ഇത് മനസ്സിലാകത്തില്ല ഇത് തനിക്കൊരു പാരയാണെന്നുള്ള കാര്യം മനസ്സിലാകത്തില്ല ഇത് കിട്ടിയ ഉടനെയല്ല ഭരിക്കാൻ തുടങ്ങും അതോടെ അധോ ഗുരിയാണ് ഇത് ഗുരു നിരീക്ഷിക്കുന്നുള്ള സർവവോക്നർഥനം സ്വയം ചെയ്തെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും പ്രയോജനമില്ലാത്തായി പോരും സർവവോത്തി ഏതത് അനർത്ഥനം ഇതെല്ലാം അനർത്ഥനമായി തീരും സ്വയം ചെയ്ത് അൽപായ്ണെങ്കിൽ നിത്യതാഹ അതുകൊണ്ട് പറയുന്നതാണ് സ്വയംചാ ജീവ അതുകൊണ്ടെന്താണ് നീ എന്നാണ് ശരീരം സമുദ്ര ഇന്ദ്രിയതലാകും ഈ സമുദ്ര ഇന്ദ്രിയ ഇന്ദ്രിയ സമൂഹത്തെ എല്ലാം ധരിച്ചോളൂ ശരദാവർഷമാണ് ഈ ആവത് ജീവിതം എത്ര കാലം ജീവിക്കാൻ കഴിയും അത്രയും കാലം അത്രയും കാലം ജീവിച്ചോളൂ സാമ്രാജ്യം തന്നെ തന്നു കഴിഞ്ഞാൽ വായിച്ചില്ലെങ്കിൽ എന്ത് അതുകൊണ്ട് വീന്ന് നിനക്കും ആവശ്യം ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്ന ലഭിച്ചത് ദീർഘായുസ്യം നിനക്ക് തന്നിരിക്കും നിങ്ങൾക്ക് നിന്നതാ ഈ ചുമതലയാണ് ദീർഘകാലം ഇതിൽ നിന്ന് നിനക്ക് ഒരിക്കലും മാറ്റം വരട്ടെ ഇവിടെ തന്നെ ഇരുന്നോണ്ട് ദീർഘകാലം ഭരണം നടത്തിക്കോ ഈ സ്ഥാനത്ത് നിന്നെ മാറ്റത്തിന്റെ ഭയപ്പെടുന്നു വീണ്ടും അത് പ്രലോഭനമാണ് അപ്പൊ അങ്ങനെ നമ്മുടെ സ്ഥാനമാനങ്ങൾ ഴിയുമ്പോ അതെല്ലാം ഒരു പരീക്ഷ എന്നതാണ് കേൾപ്പിക്കുമ്പോൾ അവിടെയും മനുഷ്യനെന്തെയും സ്വയം മറന്നു അവിടെ മറ്റുള്ളവന് മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ യത്തോടുകൂടി അഭ്യർത്ഥിക്കേണ്ട സ്ഥാനത്ത് വളരെ അഹങ്കാരത്തോടുകൂടി ആജ്ഞാപിക്കും മനുഷ്യന്റെ രോഗങ്ങളും ഭാവങ്ങളൊക്കെ മാറുന്നങ്ങനെ മറ്റുള്ളവനെ സേവിക്കേണ്ട സ്ഥാനത്ത് മറ്റുള്ളവനെ ഹരിക്കും ഇതിനെയൊക്കെ മനസ്സു മാറും ശ്രദ്ധാലു അല്ലെങ്കിൽ ആളുകൾ മാർക്കും ശ്രമങ്ങളെല്ലാം ധരിക്കുന്നവരുടെ ശല്യം വളരെ കൂടുതലാണ് അങ്ങനെ കാരണം ഗുരുസേവ എന്നുള്ളത് അവന്റെ ഉള്ളിൽ ഗ്രഹിക്കാത്തത് സേവ എന്ന് പറഞ്ഞാൽ നൂറർത്ഥത്തിന് സേവയായിരിക്കും ഗുരുസേവേന് ആരെ സേവിക്കുന്നതും ഗുരുസേവേന് ആ തരത്തിലുള്ള ആന്തരികമായ സേവാഭാവം അതുമാത്രമേ ഗുരുവന്റെ അന്ധകരണ ശുദ്ധിക്ക് ഉപകരിക്കശുദ്ധി ഗുരു ഉദ്ദേശിക്കുന്നതാണ് അവന്റെ ഹൃദയം പവിത്രമാകും അങ്ങനെ പവിത്രമായ ഹൃദയത്തിൽ മാത്രമേ ഈ പറയുന്ന ആത്മവിദ്യ അങ്ങോട്ട് കുറയ്ക്കത്തുള്ളൂ പക്ഷേ അത് മനസ്സിലാക്കുന്നു എന്ന ശ്രദ്ധ അവന്റെ കൂടെ വരത്തില്ല അതും കുറ്റമല്ല മായ അവന് നേരെ നടത്താൻ സമ്മതിക്കത്തില്ല ഒരു അധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ടു പോകുന്ന ആരെയും നേരെ നടത്താൻ ഈ മായ സമ്മതിക്കത്തില്ല അവനെപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവന്റെ വഴിയിൽ ഗുരുക്കുകൾ ഉണ്ടായിക്കൊണ്ടേ ഏതെങ്കിലും തരത്തിൽ അവനെ അധ്യതിപ്പിക്കാൻ ഏത് സമയം ഒരു തരത്തിലും അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവനെ നശിപ്പിച്ചുകൊണ്ടേ അത് മഹാവിഷ്ണന്മാരുടെ സന്നിധിയിലാണെങ്കിൽ കൂടി അത് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ അതാണ് വിപരീതമായ ഫലങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നത് മയാശക്തി എന്നു പറയാൻ പറ്റും പക്ഷെ അതിനെ അതിജീവിക്കണമെങ്കിൽ ഗുരുവിന്റെ കാരണം കൊണ്ട് മാത്രമേ പറ്റൂ അങ്ങനെയുള്ള ഒരു ഗുരു സമ്പത്തിയാണ് ഇവിടെ ശ്രുതി കാണിച്ചു തരുന്നത് ആധ്യാത്മിക മാർഗത്തിൽ ഏറ്റവും അമൂല്യമായ വസ്തു എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ കണ്ണു പടച്ചുകൊണ്ട് പോരാ ഗുരുപ്രാപ്തി അത് തന്നെ ഏറ്റവും അമൂല്യമായ ബാക്കിയെല്ലാം അതിന് വളരെ വിദൂരമാണ് പക്ഷെ അങ്ങനെയുള്ളൊരു ഗുരുപ്രാപ്തി ഉണ്ടായാൽ കൂടിയും ഈ മായയുടെ പിഴിയിൽ നിന്ന് മോചിക്കാന്ന് പറയുന്നത് വളരെ പ്രയാസം വളരെ വളരെ പ്രയാസം അന്ന് യമദേവൻ പറയുന്ന എന്താണ് എന്ന് പറയും അത് എത്ര ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ ബോധിപ്പിച്ചാലും നമുക്കത് നമ്മളെ ഉള്ളി തറക്കത്തില്ല അത്രയും കഠിനമാണ് അതുകൊണ്ടാണ് ഏറ്റവും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ശ്രുതി എന്ന് പറയുന്നത് മൂർഖ എന്നാണ് ൂർഖൻ എന്നാണ് പറയുന്നത് എത്ര കഠിനമായ ഭാഷയിൽ ഭക്ഷിച്ചാലും ശരി അവന്റെ ഹൃദയത്തിൽ പോയ ചട്ടത്തിൽ കാരണം അവിടെ ഈ മായ ഒരു മൂടുകട വാങ്ങി സത്യത്തെ ബോധിക്കുന്ന ഒരു തടസ്സമായി അതിനെ ബോധിപ്പിച്ചേരാൻ വേണ്ടിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ചതിന്റെ വീണ്ടും പറയുന്നത് പ്രലോഭിപ്പിക്കുന്നു ഈ പ്രലോഭനങ്ങളിലെല്ലാം കുടുങ്ങുന്നവരാണ് സാധാരണ എല്ലാ സാധകന്മാരും ശതായുഷ പുത്രപൂത്രാണ് ദീർഘായുഷുള്ള പുത്രപൂത്രന്മാരെ എല്ലാം നിശീകരിച്ചു ബഹുവൻ പശു വളരെയധികം പശുക്കള് ഹസ്തി ആന പശു മലയാളത്തിൽ പറയുന്ന പശുക്കള് മൃഗങ്ങളെന്നാണ് അത് പശുക്കളെ വിശേഷിച്ചു ഹിരണ്യം സ്വർണം ധനം വശ കുതിരകൾ ഭൂമിയേർ മഹതായധനം ഭൂമി വിസ്തൃതമായ സ്ഥലങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടി സ്വയം ജീവ ശരത വർഷങ്ങൾ ശരത് എന്ന് വെച്ചാൽ വർഷം ശരദ യുവതീശ്വശനി ആഗ്രഹിക്കുന്നത് വരെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നിനക്ക് എത്ര തവണ ആഗ്രഹിക്കാൻ ജീവിക്കുന്നു അത്രയും കാലം എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുകയാണ് ഒരു സാധാരണ മനുഷ്യനെ പ്രചോദിക്കുന്നതിന് ഇതിന്റെ ഒരു നൂറിലൊരംശം മതിയൊരംശം മതി ഏതൊരു വീണുപോകും നജീകേദസ് ആയതുകൊണ്ട് യമൻ അതിന്റെ പരമാവധി പ്രലോഭനവും അവിടെ മുമ്പിൽ വെച്ചുകൊടുക്കുകയാണ് വീണ്ടും പറയുകയാണ് അടുത്ത് മഹാഭൂമൗ നദിവേദസ്വമേ കാമഭാജം കരോ എത്തു വ്യതി മെ വരം വണേഷ്ടിരജീവി മഹാഭൂമൗ നചിക്കേതേതി यदि ജം കയ്യം മഞ്ഞസേ വരം മനീഷവിത്തും ചിരജീവിക നമ്മൾ പഠിക്കുമ്പോ യമദേവൻ നജി കേദസ്സിനോട് ഉപദേശിച്ചതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് പ്രയോജനം ചെയ്ത് സാധാരണ നമ്മൾ ധരിക്കുന്നു അങ്ങനെയാണ് ഇത് ഹേമദേവൻ നജികേസിൽ ഉപദേശിച്ച കാര്യമാണ് എന്നുവെച്ചാൽ നമുക്കിതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നാണ് ഇത് നമ്മുടെ തന്നെ ഗുരു നമ്മളോട് ഉപദേശിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാലും നമുക്ക് പറയുകയെ ചെയ്യാം അല്ലെങ്കിൽ ഏട്ടിലെ പശു പുല്ലു നിന്നെത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ അപ്പൊ നമ്മുടെ ബന്ധം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ സാധനമാർഗവുമായി ബന്ധപ്പെടുത്തി ഈ വിഷയങ്ങളെ ചിന്തിക്കുകയും മനനം ചെയ്യുകയും സ്വാംശീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണം പറ്റൂ ഇതൊന്നും ഇതിന്റെ പൂർണ്ണമായ അളവിൽ എന്തായാലും തൽക്കാലം നമുക്ക് ഗുണം ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പാണ് എന്നാലും കുറെങ്കിലും ഇത് നമ്മളെ സ്വാധീനിക്കണമെങ്കിൽ ഇവിടെ ഉപദേശിക്കുന്നത് ഹേമദേവൻ അത് ഗുരു തന്നെയാണ് ഇവിടുത്തെ നരികേദശന്റെ സ്ഥാനത്ത് തന്നെയാണ് എന്ന് ചിന്തിക്കണം ഏതൊക്കുല്യം ഏതേന യഥോപതിഷ്ഠേന്റെ സദൃശം ഇതിനു തുല്യമായി അന്യമഭിമന്യസേ വരം മറ്റൊരു വരം നീ ആഗ്രഹിക്കുന്നു എങ്കിൽ തമഭി വർണ്ണീഷ്വാ ഒന്നുകൂടി സ്വീകരിച്ചോളുക നീ ആവശ്യപ്പെടാതെ വരുന്ന കാര്യങ്ങളാണ് നീ പറയുന്നത് ഞാനിതെല്ലാം വാഗ്ദാനം ചെയ്തതിന് ശേഷവും നിനക്ക് ആവശ്യപ്പെടാൻ എന്തെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ അത് ചോദിച്ചോളാണ് ഞാൻ പറയുന്നത് വേണ്ടതല്ല വാഗ്ദാനം ചെയ്യാണ് വിത്തം ഭൂതം സ്ഥിരനിരത്നാദി സ്ഥിരജീവികയും വിത്തേന ഈ വിത്തോടൊപ്പം ഇതെല്ലാം അനുഭവിക്കുന്നതിനു വേണ്ട ദീർഘായുസം വിത്തേതെന്നാണ് എന്റെ താത്പര്യം ഈ സമ്പത്തെല്ലാം അനുഭവിക്കുന്നതിനും ദീർഘായുഷണോ അതും സ്വീകരിച്ചോളാം കൂടുതൽ പറഞ്ഞിട്ടെന്താ മഹാഭൂമോ മഹത്യാം ഭൂമോ രാജാ നഗേദി ഭവ നീ ഭൂമിയിൽ എന്താണ് രാജാവ് സർവരെയും ഭരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം നിന്നാൽ ഭരിക്കപ്പെടുന്നവരായിരിക്കും അങ്ങനെ ഭരിക്കുന്നതിന്റെ സുഖം അത് നീ അനുഭവിച്ച പോവുക ഭവ രാജാവാകൂ എന്നാണ് കിഞ്ചൻ അത് മാത്രമല്ല കാമാന ദിവ്യാന മനുഷാണ ചം കാമഭാജം കാമഭാഗിനം കാമാർഹം കരോമി ദിവ്യാനുഷാണാ ദിവ്യമായ ഭോഗം മനുഷ്യ ലോകത്തിൽ പെട്ടെന്ന് ഭോഗങ്ങൾ ദിവ്യഭോഗങ്ങളടുത്ത് പറയും അപ്സരസവും രസങ്ങളും മറ്റും മനുഷ്യലോകത്തിലുള്ള ഭോഗങ്ങൾ അതെല്ലാം അതിന്റെ കാമഭാജം കാമഭാഗം അതിനെല്ലാം അനുഭവിക്കുന്നവൻ കാമാർഹം അതെല്ലാം അനുഭവിക്കാൻ യോഗ്യനാക്കാം കരോമി ഞാൻ നിന്നെയാകുന്നു എന്തുകൊണ്ട് അതെല്ലാം അങ്ങേക്ക് എങ്ങനെ കഴിയും സമീപത്തിന് സംശയം വരാൻ പറയുന്നു സത്യസങ്കല്പം ദേവഹ ദേവൻ സത്യസങ്കല്പനാണ് നിനക്ക് ഈ സർവഭോഗങ്ങളും അനുവദിപ്പിച്ചു തരുന്നതിന് കേവലം എന്റെ സങ്കല്പം മാത്രം മതി സങ്കല്പിക്കാതെ നടക്കും അതുകൊണ്ട് ഇതൊന്നും പ്രാപിക്കുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടല്ല അത് പ്രാപിപ്പിക്കുന്നത് കേവലം എന്റെ സങ്കല്പത്തിന് അധീനമാണ് അതുകൊണ്ട് നീ ഒന്ന് മൂന്നേ മാത്രം മതിയുന്നു എല്ലാം നിനക്ക് പ്രാപിക്കുന്നതാണ് അങ്ങനെ ഏതത്തുല്യം ഇതിനു തുല്യമായിട്ടുള്ള സ്വീകരിച്ചോളൂ അതോടൊപ്പം വിത്തം ധനം സ്ഥിരജീവിക ദീർഘായുസം നജികേതന അല്ലയോ നദികേദസേ മഹാഭൂമോ ഈ വിശാലമായ ഭൂമി രാജ പദവിയെ നീ പ്രാപിക്കും സ്വാം തന്നെ കാമാനാം ഭാരത്രികവുമായ മനുഷ്യലോകത്തിനും ദേവലോകത്തിനുമുള്ള എല്ലാ കാമങ്ങളുടെയും കാമപാചം കാമ ആ കാമത്തെ അനുഭവിക്കുന്നവൻ കരവമിഞ്ഞനാക്കാം നിനക്ക് വളരെയധികം സുഖങ്ങൾ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ സുഖത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാത്ത കൊണ്ട് തന്നെ ഒറ്റവാ വാക്കിൽ നിന്ന് അസുഖത്തിന്റെ ബാഹുല് അതിന്റെ വ്യാപ്തി കേൾക്കുന്നുവെന്ന് മനസ്സിലാകണമെന്ന് ഇതാ മനസ്സിലാവണം അസുഖങ്ങളെ വിശദീകരിക്കുകയാണ് അസുഖം ഇന്നേ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് വേഗം പോലത്തെ താല്പര്യം ഉണ്ടാവും വിശേഷിച്ച് പറയുകയാണ് അതാണ് നടത്തുന്ന മന്ത്രങ്ങൾ इमा, जामा, सरधा तही ही। आधर ही ये, दो ही। ये ये कामाह दुर्लभा मतरोगे सर्वान्मा രഥാ സത്തൂര നീദൃയാസ്വ നോ മരണം മാ അനുപ്രസ്യേ ये पामा दुर्लभा मतलोक सर्वान्मांदद प्राथय स्वा इ शरदा सतूरिया नीदृशा लंभनीया मनुष्य आर्म्रत्तापरीचारस्व ആവശ്യപ്പെടാങ്ങളായിരിക്കുന്നത് ഇഷ്ടം പ്രാർത്ഥയസ് ആവശ്യപ്പെടു മാത്രമല്ല ായ ദേവലോകത്തിൽ വസിക്കുന്നവരായ ശബ്ദത്തിന്റെ അർത്ഥം അവയെ സ്വീകരിച്ചോളൂ വിനോദത്തിനുള്ള രഥങ്ങളോടൊപ്പം സഹരഥി വർത്തീരോടു കൂടിയവരാണ് സൂര്യാഹ ൂടിയവരാണ് വാദ്യോപകരണങ്ങളോടും വിശേഷ രഥങ്ങളോടും കൂടിയ ഈ അപ്സരസ്സുകളെല്ലാം ഇവരാണെങ്കിലും പ്രാപിക്കപ്പെട്ടവരല്ല ഈദൃശ ഇവരെ പോലെയുള്ള ഈ അപ്സരസ്കള് യവം വിധാഹ ഈ തരത്തിലുള്ള അപ്സരസുകൾ മനുഷ്യ മനുഷ്യർക്കൊരിക്കലും പ്രാപ്തിയല്ല ഇവർ അസ്മദാദി പ്രസാദ മന്ദരേന എന്നെപ്പോലെയുള്ളവരുടെ പ്രസാദം അനുഗ്രഹം കൂടാതെ ഇവരെയൊന്നും പ്രാപിക്കാൻ സാധ്യമയല്ല അതുകൊണ്ട് ഞാൻ നൽകുന്ന മയാ പ്രദത്താഭി ഞാൻ പൂർണ്ണമായും നിനക്ക് വിട്ടുതരുന്നവരായ പരിചാരികാഭി പരിചാരികാരെ കൊണ്ട് പരിചരിപ്പിക്കൂ ആനം തന്നെ സ്വയം തന്നെ ശുശ്രൂഷപ്രക്ഷാങ്ങിയ ശുശ്രൂഷിക്കൂ എന്നേതീസ് അവരെ കൊണ്ട് നീ നിനക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ജയിച്ചു അക്ഷരസുകളുടെ രഥങ്ങളും വാദ്യോപകരണങ്ങളും എല്ലാവജികേത അല്ലെ നജീയസ് മരണം മരണ സംബന്ധം പ്രശ്നം മരണം സംബന്ധമായിട്ടുള്ള ഈ ചോദ്യം എന്താണ് പ്രേ അസ്ഥി നീതി മരിച്ച നിരീക്ഷണം ഉണ്ടോ ഇല്ലയോ എന്ന് കാക്കദന്തപരീക്ഷാരൂപം കാക്ക പല്ലിനെ പരീക്ഷിക്കുന്നതുപോലെ കാക്കയ്ക്ക് പല്ലില്ല പല്ലില്ലാതിരിക്കെ പല്ലില്ലാന്ന് ഉറപ്പ് ഉണ്ടായിരിക്കെ ഒരു കാക്കയ്ക്ക് എത്ര പല്ലുണ്ട് എന്ന് പരീക്ഷിക്കാൻ പോകുന്നത് എത്ര വരെ ആകാം അത് പ്രായത്തിൽ എത്ര പെല്ലുണ്ടാകും എത്ര പല്ല കൊഴിയും ആ പല്ലിനെ കുറിച്ച് ഒരു ഗവേഷണം നടത്തുക അതാണ് കാക്കദന്ത പരീക്ഷ അതുപോലെയാണ് എന്ത് ഒരു വസ്തുവേ ഇല്ല എന്നിരിക്കുക പിന്നെ അതിനെ കുറിച്ച് പരീക്ഷണം അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങള് മാണ് പ്രാക്ഷഹി ഇതെന്നും ചോദിക്കരുത് എന്ന പൂർണ്ണമായും ജിജ്ഞാസുവിനെ നിരുത്സാഹപ്പെടുത്തിയാണ് പിന്നെ ഇതിൽ എത്രമാത്രം നിഷ്ഠയുണ്ടെന്ന് മനസ്സിലാക്കണം പ്രശ്ന വളരെ ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് മറ്റെന്തെങ്കിലും ചോദിച്ചോ ഇത് ചോദിക്കുന്നത് ശരിയല്ല ഇത് വ്യർത്ഥമാണ് പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് പ്രയോജനമുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അപ്പൊ എത്ര എന്താണ് നിഷ്ഠുരമായിട്ട് കഠിന ഹൃദയനായിട്ടാണ് ഇവിടെ ഗുരുശിഷ്യനെ പരീക്ഷിക്കുന്നത് കാരണം അവിടെ ആ ജിജ്ഞാസയെ ഒരു ദേശം പോലും അംഗീകരിക്കാതെ ശുഭേച്ഛ ശിഷ്യന്റെ ശുഭേച്ഛ അല്പം പോലും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ഇവിടെ ഗുരു പറയുന്നത് ഇതൊക്കെ വെറും അസംബന്ധമാണ് ഈ കാര്യത്തിനെ ഇറങ്ങിത്തിരിക്കേണ്ട മറിച്ച് ആ ശ്രേയസിനെ ഏറ്റവും വിപരീതമായിട്ടുള്ള നിസ്സത്തിലേക്ക് ഒരുവിനെ നയിക്കുന്നതിനും സാധന ദുരിതം നടന്ന് ഇങ്ങനെ പരീക്ഷിക്കാൻ ഇങ്ങനെ പരീക്ഷകഴിഞ്ഞാൽ പിന്നെ ശിഷ്യന്റെ പൊടിവൊന്നും ബാക്കി കണക്കില്ല അതുകൊണ്ട് തന്നെ യമദേവൻ ഗുരുവായത് കൊണ്ടും നജികേദശ ശിഷ്യനായതുകൊണ്ടുമാണ് കാരണം ഗുരുവൻ നിശ്ചരസത്തിലേക്ക് ഇറങ്ങി തിരിച്ചു ഗുരുവനെ അതിൽ നിന്നും തികച്ചും അകറ്റി കളയുന്ന നേരെ നരകത്തിലേക്ക് നേരിട്ട് തന്നെ പാസ്പോർട്ട് കൊടുക്കുന്ന പരീക്ഷണങ്ങളാണ് ഇവിടെ ശിഷ്യന്റെ മുമ്പ് വെച്ചു കൊടുക്കുന്നത് നേരെ വിപരീതമാണ് അപ്പൊ ഈ ഗുരു എന്ന് പറയുന്നത് വളരെ ഒരു കർക്കശക്കാരനായ കാരണം ഇവിടെ ഗുരു യമനാണ് കാലനാണ് അപ്പൊ കാലൻ എന്നൊന്നിതൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് കർക്കശക്കാരനായ കഠിനാണ് കാരണം ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രലോപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയിച്ചു നോക്കുകയാണ് ഐ എസിന്റെ ഇതൊരു എത്രയോ ജന്മങ്ങളെ പിന്നെ രക്ഷപ്പെടാനുള്ള യാതൊരു ചാൻസും പൂർണ്ണമായും നശിപ്പിക്കുന്നതാണ് ഐ എസ് മനസ്സിലാക്കി തന്നെ അടുത്ത് പറയും ഇതല്ല സർവനാശം വരുത്തുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് ശരിക്കും ബോധ്യമുണ്ട് അപ്പൊ ഇത് നടക്കുന്നത് മനുഷ്യ ലോകത്തിനല്ലാത്തത് കൊണ്ടും നമുക്ക് സമാധാനിക്കാം അല്ലെങ്കിൽ ഇത്തരമൊരു പരീക്ഷണം ഒരു ശിശുവിന്റെ മുമ്പിൽ ചെന്നാലയാണ് ഒരിക്കുന്നതിനെ അതിജീവിക്കത്തില്ല അങ്ങനെ അത് കഴിയുന്നുണ്ടോ ഇത്തരം ഒരു പരീക്ഷണത്തിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് കഴിയത്തില്ല കാരണം അത്രയും വലിയ പ്രകോപനങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത് നിശ്രേശത്തിന് നേരെ വിരുദ്ധമായ പ്രയസം പറയാനും പറ്റത്തില്ല പ്രയസനം നന്നെയുണ്ട് രകത്തിലേക്ക് നയിക്കുന്ന അതാണ് നമ്മുടെ ഗുരു മുമ്പിൽ വെച്ചു കൊടുക്കുന്ന പ്രലോഭനങ്ങൾ പക്ഷെ നഗീസം ചെയ്യുന്നു അതേ രീതി തന്നെ എങ്ങനെ എത്ര കർക്കശമായിട്ടാണോ ഈ പ്രലോഭനങ്ങൾ വരുന്നത് അതിനെ അതേ ശക്തിയോടുകൂടി തന്നെയാണ് നയീസേനെ നേരിടുന്നത് അത് സൂചിപ്പിക്കുന്ന എന്താണ് വളരെ ആത്മബലമുള്ളവരാണ് വളരെ ആത്മബലമുള്ളവരുവെന്ന് മാത്രമേ ഒരേ രീതി ഒരേ ഭാവത്തിന് ഈ ആധ്യാത്മിക മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം അവിടെ ഈ പന്ത്രണ്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ വയ്യാത്ത പല പ്രലോഭനങ്ങളെയും ഈ വഴിക്ക് സ്വീകരിക്കേണ്ടി കാണേണ്ടി വരും ഒരു തരത്തിലും ഇതിന് പൊരുത്തപ്പെടാൻ വയ്യാത്ത സ്പർശിച്ചു കഴിഞ്ഞാൽ തന്നെ അവന്റെ സർവനാശം വരും അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ഏത് സമയത്തും വരാം ഈ മാർഗ സഞ്ചരിക്കുന്നവരാണ് അതിനൊരു മുന്നറിയിപ്പാണ് ഈ പനിഷത് മന്ത്രങ്ങളെല്ലാം നിസ്സാരമായ കാര്യങ്ങൾ ഇത് പറയുമ്പോൾ ഇത് വിശദീകരിക്കുമ്പോൾ ഇവിടെ ശ്രുതി ഉപയോഗിക്കുന്ന എത്ര കർക്കശമായ ഭാഷകൾ വ്യാഖ്യാനിക്കുമ്പോൾ ചിലപ്പോൾ അതുപോലെ കർക്കശമായ ഭാഷ വന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതിന്റെ വിഷയത്തിന്റെ ആ കക്ഷണം എന്നുവെച്ചാൽ നമ്മൾ അത്യധികം സൂക്ഷിക്കേണ്ട ഈ ആധ്യാത്മിക ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദുർഗങ്ങൾ പറഞ്ഞു എന്നെ ഇവിടെ കാണിക്കാൻ വളരെ അപകടം പിടിച്ച ഒന്നാണ് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ വീഴും വീണു കഴിഞ്ഞാൽ വീടിനെ സംബന്ധിച്ച ഗവൺമെന്റ് എന്താണോ വീഴ്ചകളെല്ലാം അയാൾക്ക് അലങ്കാരമായിട്ട് തിരികെത്തിനേറ്റൊരു അപകടം ഒരാളി മാർഗത്തിൽ വീണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ചിന്ത എന്താണ് ഈ വീഴ്ചയെല്ലാം തനിക്കൊരു അലങ്കാരമായിട്ടാണ് വിനായകൾ കാണും കൂടുതൽ കൂടുതൽ ശരഥാ സൂര്യാഹ ഭാഗ്യോപരണങ്ങളോടും നിരഭങ്ങളോടും കൂടി സ്വീകരിച്ചോളൂ മനുഷ്യ മനുഷ്യരാൻ ഈദൃശുള്ള ൾ നാഹി മതാഹി എന്നാൽ നൽകപ്പെട്ടവയായോ നജികേസേ പരിചാരേഷ്യ പരിചരണങ്ങൾ ഏറ്റുവാങ്ങോ മരണം മരണത്തെ സംബന്ധിച്ച് ആത്മാവിനെ സംബന്ധിച്ച് അണുപ്രാക്ഷി വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കരുത് അത് കേട്ടു കഴിയുമ്പോൾ വളരെ വിവേകത്തോടു കൂടി നഗരീലിസ് മറുപടി പറയുന്നതാണ് പറഞ്ഞാൽ